അവരുടെ കൈകൾ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചറിയാതിരിക്കുകയും അവരെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്തു അവർ പറഞ്ഞു താങ്കൾ ഭയപ്പെടേണ്ടതില്ല ലൂത്തലഹി ഇസ്ലാമിന്റെ ജനതയുടെ അടുത്തേക്കാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്